എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കപ്പുറം നരകാഗ്നി ഞങ്ങളെ സ്പർശിക്കുകയില്ലെന്ന് അവർ പറയുന്നു പറയുക അള്ളാഹു സുബഹാനുഹൂവ ചായലായുടെ അടുക്കൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കരാർ വാങ്ങിയിട്ടുണ്ടോ അള്ളാഹു സുബഹാനഹൂവ ചായാല തന്റെ കരാർ ലംഘിക്കുകയില്ല അതോ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹു സുബഹാനുഹൂവ ചായാലയെക്കുറിച്ച് പറയുകയാണോ